പറയുക നിങ്ങൾ അള്ളാഹു സുബഹാനഹൂവച്ച ആലയെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക എങ്കിൽ അള്ളാഹുസുബഹാനഹൂവച്ച ആല നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തുതരികയും ചെയ്യും അള്ളാഹുസുബഹാനഹൂവച്ച ആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്